കൂളത്തിൻകായ അത് പഴുത്ത മഞ്ഞ നിറത്തിയിരിക്കും പോലെ ഇരിക്കും അതുകൊണ്ട് ആണ് പീതമില്ലുഫലം ഇന്ന് അനുഭവമുണ്ട് പീതമില്ലു ഫലത്തിൽ എന്നാണ് പീത നറം മരണത്തിന് ആ ഫലം ദ്രവ്യവുമായിട്ട് സംസർഗമുണ്ട് സംബന്ധമുണ്ട് അസംസർഗമല്ല സംസർഗമുണ്ട് അതുകൊണ്ട് സംസർഗത്തോടെ ഗ്രഹിക്കും മഞ്ഞ കൂളക്കായ കാണുമ്പോൾ സംസർഗത്തെ ഗ്രഹിക്കുന്നുണ്ട് ആ നിറത്തിന് ഫലത്തോടുള്ള സംസർഗത്തെ ഗ്രഹിക്കുന്നുണ്ട് അസംസർഗത്ത് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അസംസർഗത്തോടെ ഗ്രഹിക്കുന്നില്ല അസംസർഗാഗ്രഹം വന്നു ആ സമയം പീതശങ്ക ബ്രഹ്മസ്ഥലത്ത് പീതവർണ്ണത്തിന് ശങ്കമായിട്ട് സംസർഗമുണ്ട് പീതവർണ്ണ ഇരിക്കുന്ന പിത്തദ്രവ്യത്തിനാണ് ശങ്കുലവിടെ പീതവർണ്ണത്തിന് ശങ്കുവുമായിട്ട് അസംസർഗമാണ് പക്ഷെ ബ്രഹ്മത്തിൽപ്പെട്ടയാള് ആ അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല മറിച്ച് അയാള് ധരിക്കുന്നത് പീതവർണ്ണ ശങ്കുലിരിക്കുന്നു എന്നാണ് അപ്പോ അസംസർഗത്തെ വാസ്തവത്തിൽ സംസർഗമില്ല അസംസർഗമാണവിടെ ആ അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല അപ്പൊ അസംസർഗ അഗ്രഹം അവിടെയുണ്ട് പീതശങ്കടത്ത് സംസർഗമില്ല അതുകൊണ്ട് അസംസർഗമാണ് പക്ഷെ അതിനെ ഗ്രഹിക്കാത്തോണ്ട് അസംസർഗ അഗ്രഹം അവിടെ പീതം വില്ലു ഫലം എന്ന് പറയുന്നിടത്ത് മഞ്ഞ നിറത്തിന് ഓളക്കായുമായിട്ട് സംസർഗമുണ്ട് സംസർഗത്തെ ഗ്രഹിക്കുന്നു അതുകൊണ്ട് അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല അസംസർഗ്രഹം താർക്കിക രീതിയിൽ രണ്ടും തമ്മിലുള്ള ഒരു സാദൃശ്യത്തെ കണ്ടെത്തിയതാണ് ഇതൊരു താർക്കിക വ്യക്തി മാത്രമാണ് ഇത് തർക്കത്തിനുപയോഗിക്കാൻ പോകുന്ന ഉപയോഗിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റത്തില്ല താർക്കിക യുക്തികൾ അതിന് പറയാം എന്നുള്ളതേ അതാണ് തത്വചിന്തയും ഭൗതികശാസ്ത്രം തമ്മിലുള്ള വ്യത്യാസം അവിടെ താർക്കിക യുക്തിയിലൂടെ ഒരു ശാസ്ത്ര സിദ്ധാന്തത്തെ പറയും അങ്ങനെ പറയുമ്പോൾ അത് വസ്തു യാഥാർത്ഥ്യമാണോ എന്നില്ല യുക്തി അവിടെ ചേരുന്നുണ്ട് അപ്പോ ഇത് തത്വചിന്തയുടെ രീതി പറയുകയാണ് പ്രഭാകരന്മാരുപയോഗിക്കുന്ന സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടിടത്തും അസംസകർക്ക് അതുകൊണ്ട് പ്രത്യക്ഷമായി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് ഒരു താത്വികമായ വിശദീകരണം ഇത്രയോ അത് പൂർവദിഷ്ട നുമ്പുകണ്ട സാമാനാധികരണം അന്യം പീതത്വ ശങ്കയോരാരോപ്യഹ ഇവിടെ ശങ്കത്വം എന്ന് പാടുകൊണ്ട് ശങ്കൊന്നു രണ്ടു പാഠം അനുസരിച്ചും അർത്ഥം പറയാം ഇപ്പൊ ശംഖത്വം എന്നാണെന്നിരിക്കട്ടെ ഇപ്പൊ പീതത്വവും ശംഖത്വവും തമ്മില് സമാനാധികരണ്യം ഉണ്ടെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് പീതത്വം എന്ന് വെച്ചാൽ പീതവർണമെന്ന അർത്ഥം പീതശബ്ദത്തിനോടുകൂടി തൊമ്പടുത്തേം ചേർത്ത് കഴിഞ്ഞാൽ വർണ്ണം നിറമെന്നുള്ള അർത്ഥം കേട്ടോ പീതം അപ്പൊ ഈ പീത എവിടെയിരിക്കുന്നു സാധാരണ സ്വർണത്തിലിരിക്കുന്നു പീതം സ്വർണത്തിലിരിക്കുന്നു പീതവർണം അവിടെ ശങ്കലന്ദിരി എന്താ സ്വർണത്തിനെന്തുന്നു തപനീയത്വം തപനീയമാണ് സ്വർണ്ണത്തിന് എന്തും തപനീയത്വം പീതത്വം എന്ന് പറഞ്ഞാൽ പീതത്വ ജാതിയല്ല പീതവർണ്ണമാണ് പീതവർണ്ണം എവിടെയിരിക്കുന്നു തപനീയത്തിൽ തപനീയത്വം എവിടെയിരിക്കുന്നു രണ്ടും കൂടെ രണ്ടെണ്ണം ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അതിന് സമാനാധികം എന്ന് പറയും സമാന അധികം ഇരിക്കുന്നു സമാനാധികരണം ചെയ്യും രണ്ടുപേരും ഇവിടെ ഇവിടെ മൂന്നുപേര് ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട് മൂന്നുപേര് സമാനാധികത്തിലാണ് അതുപോലെ പീതവർണവും തപിനീയത്വവും സ്വർണ്ണത്തിരുന്ന അത് രണ്ടും കൂടെ സമാനാധിക സംബന്ധത്തിയിരിക്കുന്നു സംബന്ധമാണ് അതുപോലെ തന്നെ വില്ലു ഫലത്തിൽ ഫലത്വം ഇരിക്കുന്നു വില്ല ഫലത്തിൽ പീതത്വം ഉണ്ട് അതായത് പീതവർണം പീതവർണ്ണ എവിടെയിരിക്കും ഫലത്തും എവിടെയിരിക്കും ഒന്നിലിരിക്കുന്നോണ്ട് രണ്ടും തമ്മിൽ സമാനാധികം ആ സംബന്ധത്തിന്റെ പേരാണ് അങ്ങനെ വരുന്നത് ഇനി ശങ്കത്വം എവിടെയിരിക്കും പീതവർണ്ണ ഇവിടെയിരിക്കും പിത്തദ്രവ്യത്തിലും ശംഖിലിരിക്കില്ല പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു ശങ്കിൽ പീതവർണ്ണയിരിക്കുന്നതായിട്ട് ആരോപിക്കുകയാണ് അതുകൊണ്ടിവിടെ ആരോപത്തിലൂടെ സാമാനാധികാരണൊന്നും നേരിട്ട് വരത്തില്ല അങ്ങനെ ഉണ്ടെന്ന് കൽപ്പിക്കുകയാണ് പീതവർണം ശത്തിൽ ഇരിക്കുന്നു എന്ന് കൽപ്പിക്കുന്നോണ്ട് ആരോപിതമായി എന്ത് വരുന്നു ആരോപിതമായി സാമാനാധികരണ എന്തുകൊണ്ട് ശങ്കൽ ശങ്കുണ്ട് അവിടെ പീതവർണ്ണ ഇല്ല പക്ഷെ ആരോപിതമായി പറയാൻ എന്താണ് പീതവർണ്ണ ശങ്കലിരിക്കുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയുള്ള സമാനാധികാരണ വരും ോപിതമായ സമാന അധികരണ വരുന്നു നിങ്ങളുടെ വാസ്തവമല്ലാത്ത ശങ്ക ശങ്കൽ പീതവർണ്ണ ഇല്ല പക്ഷെ ഒരാൾ ആരോപിക്കണത് ശങ്കൽ പീതവർണ്ണം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരുടെ അടുത്ത് വന്നു ശങ്കത്വം ശങ്കല് വന്നു പീതവർണം മഞ്ഞ നിറം വന്നു അപ്പൊ രണ്ടും എന്തു വന്നു ആരോപിതമായ സമാനാധികാരണ സമാനാധികരണമെന്ന് വെച്ചാൽ ഇത്രേയുള്ളൂ രണ്ടെണ്ണം ഒരിടത്തിരിക്കുന്നു ഇരിക്കാത്തടത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാരോപിതമായ സമാനാധികം ഈ മുറിയിൽ ഇപ്പം മൂന്ന് പേര് ഇരിക്കുന്നു മൂന്ന് പേരും തമ്മിലൊരു സമാനാധികാരണി ഉണ്ടെന്ന് വെച്ചാൽ മൂന്നുപേരത്തിരിക്കുന്നു അപ്പോൾ ഒരാൾ പറയണല്ല ഈ ഒരു ആന കൂടെ ഉണ്ടെന്ന് പറയാണ് അപ്പം നാല് പേര് തമ്മിലെന്ത് നാലുപേരെങ്ങനെയിരിക്കും ആരോപിതമായ സമാനാധിക ഇല്ലാത്ത ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ നാരും തമ്മിൽ എന്ത് വരും ആരോപിതമായ സമാന ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞാൽ ആരോപിതല്ല ലോകത്തിലും അങ്ങനെ തന്നെ ഒരാളെ കുറിച്ച് ആരോപണം പറയാന്ന് വെച്ച ഇല്ലാത്തതുണ്ടെന്ന് പറയും ഇത് എന്താണ് സംഘ ം എന്നാണ് നിങ്ങളുടെ പാഠമെങ്കിൽ അങ്ങനെ ആർക്കും മനസ്സിലാക്കണം അല്ല ഇത് കിടക്കുന്നതുപോലെയാണെങ്കിൽ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ സാമാനാധികരണമെന്ന് പറഞ്ഞാൽ താതാത്മ്യം എന്നാണ് അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ വരുന്നു തപനീയ വെണ്ഡ അതിന് പീത തവനീയ പിണ്ടവും പീതവർണവും തമ്മിലുള്ള സംബന്ധം താതാത്മ്യ സംബന്ധം പീതവർണം സ്വർണത്തിൽ താതാത്മ്യം തത് സ്വരൂപത്തിൽ ഇരിക്കുന്നു കാരണം അദ്വൈതികള് ഗുണവും ഗുണിയും തമ്മിലുള്ള സംബന്ധം താതാത്മ്യമായിട്ട് ആ സ്വീകരിക്കുന്നത് എന്നു വെച്ചാൽ ഈ പീതവർണം സ്വർണത്തിലിരിക്കുന്നത് സ്വർണരൂപത്തിലിരിക്കുന്നാണ് താതാത്മ്യം തദാത്മന ഇവിടെ സമാനാതിരണം ഇല്ല താതാത്മ്യ സംബന്ധവും അല്ല വില്ലുവലത്തിൽ മഞ്ഞ നിറായിരിക്കുന്നു അതും എങ്ങനെയായിരിക്കുന്നു താതാത്മ്യ സമാനാധികം ഇതിന് താതാത്മ്യം അർത്ഥം പറയുന്നു അത്രയേ പിന്നെ ശങ്കൽപീതം വാസ്തവത്തെ ശങ്കൽപീതവർണ്ണമില്ലാതെ പിത്തദ്രവ്യത്തിലായിരിക്കുന്നു അതുകൊണ്ട് ആ പീതത്തോടെ ആരോപിക്കുന്നു അപ്പോ പീതവർണം ശങ്കൽ ആരോപിതാതാത്മ്യത്തിയിരിക്കുന്നു നേരത്തെ ആരോപിത സമാനാധികം പറഞ്ഞു അവിടെ ആരോപിത താതാത്മ്യം ആരോപിതമാണെന്നേ വാസ്തവ എന്നർത്ഥം പറയും അതാണ് പീതത്വ ശർ ആരോപ്യാഹ അത് ഏതായാലും ശരി സമാനാധികരണത്തിന് അതാർത്ഥം പറഞ്ഞാലും താതാത്മ്യം എന്ന് പറഞ്ഞാലും അത് ആരോപ്യമാണ് തഥാഹി ബഹൻ നിർഗ് ഞാൻ വായിക്കുന്നത് അക്ഷരം നോക്കിയിരിക്കും കൃത്യമായിട്ട് ആ വായിക്കുന്ന ഭാഗം കേട്ടു നോക്കും എനിക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരുത്തിപ്പരും അടുത്ത ദിവസം പറയും തെറ്റി തന്നെ വായിച്ചു അല്ലാതെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ കേട്ടിട്ട് അക്ഷരം നോക്കി വായിക്കാതെ അർത്ഥം വായിക്കാതെ നോക്കി ഒരിക്കലും പഠിക്കും ഇങ്ങനെയല്ല ഇത് പഠിക്കുന്നത് ഇങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാട്ട് കേൾക്കുന്ന പോലെ കൂടെ കേട്ട് പാട്ട് കേട്ട് സുഖിച്ചിട്ട് പോകാൻ പറ്റിയൊരു സംഗതിയല്ലേ വളരെ ഗൗരവമുള്ള ആഴമുള്ള ഒരു വിഷയമാണ് അക്ഷരങ്ങൾ പെറുക്കി പെറുക്കിപ്പിറുക്കി വായിച്ച് പദങ്ങൾ തിരിച്ച് ഓരോ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്തു ചെയ്യാം ബഹുൽ നിർഗ നയന രശ്മി സംവൃത പിത്തദ്രവ്യവർത്തി അത് ഞാൻ എങ്ങനെയാണോ അന്വയിച്ച് വായിക്കുന്നത് അതുപോലെ അന്വയിച്ച് വായിച്ചാലേ അർത്ഥം പറയാൻ പറ്റും ൂപ്യേതം ഇയാദ പൂർവ്ഠം സീദ അത്യച്ച അതിസ്വച്ഛമായ ശുദ്ധമായ നയനരശ്മി സമ്പർക്കം പറ്റിച്ചേർന്നിരിക്കുന്ന പിത്തദ്രവ്യവർത്തനയും പീതതാം പിത്തരഹിതം അനുഭവം പിത്തദ്രവ്യത്തിൽ ഇരിക്കുന്ന പിത്തരഹിതമായ പീതതയെ പിത്തദ്രവ്യത്തിൽ ഇരിക്കുന്ന പീതതയെ പിത്തരഹിതമായി അങ്ങനെ പറഞ്ഞു പീതവർണ്ണത്തെ പിത്തത്തെ കൂടാതെ അനുഭവം അനുഭവിച്ചുകൊണ്ട് സംഘഞ്ച സംഘം ദോഷാച്ഛാദിത ശുക്ലമാനം അനുഭവൻ സംഘത്തെ ദോഷം കൊണ്ട് മറഞ്ഞ ദോഷേണ ആച്ഛാദിത എന്നൊക്കെ ഇന്ദ്ര പറഞ്ഞ ദോഷം കൊണ്ട് മറഞ്ഞിരിക്കുന്ന വെളുപ്പിനെ എന്താണ് അനുഭവൻ എന്താണ് എവിടെ എഴുതിയിരിക്കുന്നു ശുക്ലിമാനം എന്നി മാത്ര ഇതിനങ്ങനെയില്ല പീത്തതാം പിത്തരഹിത അനുഭവം അനുഭവം ദ്രവ്യം മാത്രണ്ടുക്ലിമാ ദോഷം കൊണ്ട് അനുഭവിക്കുന്നു അതിന്റെ ആവശ്യമില്ല ഇന്നദ്രവ്യം മാത്രം എന്നുള്ളതിന്റെ ആവശ്യമില്ല ഇതുകൊണ്ട് തന്നെ സ്പഷ്ടമാണ് അതെല്ലാം വീണ്ടും ആശക്കുഴപ്പുണ്ടാവും ഇത്രയുടെ ആവശ്യമാണ് ശങ്കഞ്ച ദോഷാച്ഛാദ് സുക്ലിമാ അത്ര കുഴപ്പം അനുഭവം കൊണ്ട് മറഞ്ഞുപോയെളു വിളപ്പോടു കൂടിയ സംഘത്തെ മാത്രമൊന്നും വേണ്ടി അർത്ഥം പറയാം പക്ഷെ വീണ്ടും വളരെ തിരിച്ച് ദോഷം കൊണ്ട് വെളുപ്പ് മറഞ്ഞുപോയ ശങ്കന് ഇത് വളരെ മഞ്ഞവർണത്തിന്റെ ശങ്കത്തോടുള്ള അനുഭവിക്കാതെ അസംബന്ധ അഗ്രഹ സാരൂപ്യണം അസംബന്ധ അഗ്രഹം എന്ന സാരൂപ്യത്തിലൂടെ സാദൃശ്യത്തിലൂടെ പീതം തപനീയപിണ്ടീതം തപനീയപിണ്ട എന്നുപറഞ്ഞ കുറച്ചുകൂടി എളുപ്പമാണ് അവിടെ മനസ്സിലാക്കാൻ പീതം വില്ലു ഫലം ഇത്യാദോ പൂർവദിഷ്ടം സമാനാധികം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാദാത്വം പീതത്വ ശങ്കയോര ആരോപ്യഹ പീതത്വശങ്കയോര ശങ്കത്വത്തിന്റെ ആവശ്യ ആരോപ്യ അഹ പീതശങ്കൈരി ആരോപിച്ചിട്ട് പറയുന്നു പീതശങ്കൈരി ഇതില് മനസിലാക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞു ഇതെല്ലാം എന്താണ് ഇത് പീതശങ്കാന്നൂർ എന്ന ഭ്രമം എന്ന് എപ്പോഴാണ് പറയുന്നത് പറയുന്നാണ് നിങ്ങളെ പറഞ്ഞത് ഞാൻ പറയുന്ന ക്ലാസ് ഒന്നും നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്തുമായിട്ട് ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്ന് അയാൾ തനിക്ക് മഞ്ഞപ്പിത്തം എന്നറിയാതിരിക്കുകയും മഞ്ഞപ്പിത്തം എന്ന സംഘിനെ മഞ്ഞയെ കാണുമെന്ന് അറിയാതിരിക്കുകയും ചെയ്താലേ ഇത് ഭ്രമമാകും ഇതൊക്കറിയാവുന്ന ഒരാള് ശങ്കിനു മഞ്ഞെ കണ്ടുകഴിഞ്ഞാൽ അത് ഭ്രമമല്ല എഴുതിയിരിക്കുന്ന കണ്ടാൽ തോന്നുന്നു എല്ലായിടത്തും ഇത് ഭ്രമമാണ് അങ്ങനെയല്ല അരിയിലെഴുതിയിരിക്കുന്നു മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം ഭ്രമമാണെന്ന് അരിയിലെഴുതിയിരിക്കുന്നു അങ്ങനെയല്ല മഞ്ഞപ്പീത്തം ബാധിച്ചത് എനിക്കറിയാം അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ശംഖിനെ മഞ്ഞ കാണുന്നതെന്ന് പറഞ്ഞാൽ അയാള് ശംഖിനെ നോക്കുമ്പോൾ മഞ്ഞയായിട്ട് കണ്ടുകഴിഞ്ഞാൽ അയാൾ പറയും ഇത് എന്താണ് ശംഖു മഞ്ഞയല്ല എന്റെ മഞ്ഞപ്പീത്തം കൊണ്ട് മഞ്ഞയായിട്ട് തോന്നുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഭ്രമമില്ല അതാണ് മറ്റു ഭ്രമങ്ങളിൽ നിന്നൊക്കെയുള്ള വ്യത്യാസം ഇപ്പം സ്വപ്നം കാണുന്നത് ഒരു ഭ്രമമാണ് പക്ഷെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആർക്കും സ്വപ്നമാണെന്ന് അതുകൊണ്ടാണത് ഭ്രമം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആള് സ്വപ്നമാണെന്ന് അറിഞ്ഞിരിക്കട്ട് അങ്ങനെ സംഭവിക്കില്ല സംഭവിച്ച പിന്നെ അത് ഭ്രമില്ല സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ഓ ഇത് കയറിൽ സർപ്പത്തെ കാണുകയാണെന്ന് അറിഞ്ഞ പിന്നെ ഭ്രമമില്ല പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല പക്ഷെ ഇവിടെയൊക്കെ അങ്ങനല്ല ഇവിടെ എന്താ സംഘിനെ മഞ്ഞയ കാണുമ്പം തന്നെ ഇതിനെ കുറിച്ച് പറയും സംഘ് മഞ്ഞ കാണുന്നതാണ് എന്നറിഞ്ഞ അവിടെ പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വായിച്ച മഞ്ഞപ്പീത്തമെന്ന് എല്ലാവരും ശങ്കിനെ മഞ്ഞയായിട്ട് കാണും അത് ഭ്രഹ്മണെന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ വ്യാഖ്യാനിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളിപ്പോ ഈ പറയുന്ന പോലും മനസ്സിലാക്കുന്നെങ്കിൽ കൂടുതൽ വ്യാഖ്യാനിച്ചെന്ത് ചെയ്യാൻ ഏതേന തിക്തോ ഗുഡ ഇത്യാദി പ്രത്യയോ വ്യാഖ്യാത ഇത് വ്യേതേനെന്നുവെച്ചാൽ ഈ എന്താണ് പീതശങ്ക വ്യാഖ്യാനിച്ചത് കൊണ്ട് തന്നെ തിക്തോ ഗുഡ സർക്കാർ കൈപ്പുള്ളതാണ് വരുന്ന പ്രത്യേകം എന്ന് വെച്ച അനുഭവങ്ങൾ വ്യാഖ്യാത വ്യാഖ്യാനം ചെയ്യുന്നത് ഇപ്പൊ തിത്ത കൂടാന്ന് പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത് ഒരു കഷ്ണം ശർക്കര വെച്ചു അവന് അറിയാൻ എനിക്ക് മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ ശർക്കര കയ്പായ പനി വന്നു മിഠായി എടുത്ത് വായി വെച്ചിട്ട് പറയും ഓഹ് പനിയായതുകൊണ്ട് മിഠായി കയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അയതവിടെ ഭ്രമില്ല എന്തുകൊണ്ടായ മിഠായി മതിരോളാണ് പക്ഷെ കയ്ക്കുന്നത് എന്തുകൊണ്ടാണ് പനിയുണ്ട് എന്നറിഞ്ഞവിടെ ഭ്രമില്ല അതുപോലെയാണ് പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാൾ തനിക്ക് പനിയുണ്ടെന്നറിയാത്ത ഒരാൾ തനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് അറിയാത്ത ഒരു ഭക്ഷണം സർക്കാർ അടുത്ത് വായു വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുമ്പോൾ സർക്കാർ എനിക്ക് കയ്പാണല്ലോ എന്ന് പറയും അതാണ് ഭ്രമം ആ സ്ഥലമാണ് സംഭവിക്കുന്നത് അവിടെ രസനേന്ദ്രിയം രസനേന്ദ്രിയത്തിന്റെ പടത്തിവെന്താണ് അത് പ്രാപ്യ കാര്യമല്ല എന്നുവെച്ചാൽ വിഷയ ദേശത്ത് പോയാൻ ആഗ്രഹിക്കുകയല്ല ഇവിടെ രസനേന്ദ്രിയിരിക്കുന്ന നാക്കിലാണ് ആ നാക്കുമായിട്ട് എന്തെയ്തു ശർക്കരക്ക് സംയോഗം വന്നപ്പോൾ സംയോഗം വന്നു അപ്പൊ പിന്നെ ഇതുവരെ പോകേണ്ട ആവശ്യമുണ്ട് സംയോഗം വന്നു കഴിഞ്ഞാൽ എന്തെയ്യുന്നു ആ ഇന്ദ്രിയം എന്തോ ശർക്കര എന്ന് പറയുന്ന ആ ദ്രവ്യത്തിലിരിക്കുന്ന എന്താണ് ആ മധുരത്തെ വിജയിക്കുന്നില്ല ഈ പിത്തദോഷം നേരത്തെയും ദോഷം എന്ന് പറഞ്ഞാൽ പിത്തദോഷമാണ് നേരത്തെ പിത്തദോഷം കൊണ്ട് ശക് മറിഞ്ഞുപോയി ഇവിടെ പിത്തദോഷം കൊണ്ടെന്ത് വരുന്നു ശർക്കരയിലെ മധുരം ഏ ശർക്കരയിലെ മധുരവേ മറഞ്ഞുപോകും ശർക്കരയിലെ മധുരം മറിഞ്ഞുപോകും പിന്നെന്താ ചെയ്യുന്നത് ഇങ്ങനെ നാക്കി വെക്കുമ്പോൾ ആ പിത്തദ്രവ്യം ഉണ്ടല്ലോ നേരത്തെ പുറത്തു പോയപ്പോൾ കണ്ണ് കണ്ടെന്താണ് പിത്തദ്രവ്യത്തിന്റെ മഞ്ഞ് ഉള്ളിൽ നാക്ക് എന്തായിരിക്കും ഗ്രഹിക്കുന്നത് പിത്തദ്രവ്യത്തിന്റെ കയ്പ് പിത്തദ്രവ്യവും കാണാൻ മഞ്ഞയും രുചിക്കാൻ കയ്പുമാണ് ഇന്ദ്രിയത്തിന് ശർക്കരയുമായിട്ട് സംയോഗം വരുന്നു സംബന്ധം വരുന്നു സംബന്ധം എന്ത് ചെയ്യുന്നു ആ ശർക്കരയിലുള്ള മധുരത്തെ പിത്തം മറച്ചു കളയുന്നു എന്തി ഇന്ദ്രിയം എന്ത് ചെയ്യുന്നു പിത്തദ്രവ്യത്തിലോ ആ പിത്തദ്രവ്യം തന്റെ ആ പിത്തദ്രവ്യത്തിലുള്ള കൈപ്പിനെ രസന ഗ്രഹിക്കുന്നു അപ്പോ ഈ ുമ്പോ ഈ ഇന്ദ്രിയം ഞാൻ ഗ്രഹിച്ചത് പിത്തദ്രവ്യത്തിലുള്ള കയ്പിനയാണെന്നറിയാതെ ആ കയ്പിനെ ശർക്കരയിൽ ആരോപിക്കുന്നു നേരത്തെ എങ്ങനെയാണോ മഞ്ഞയെ ശങ്കിലാരോപിച്ചത് നേരത്തെ മഞ്ഞയെ ശങ്കിലാരോപിച്ചു അതുപോലെ അവിടെ എന്താണോ മുമ്പ് സുവർണത്തിൽ കണ്ട പീതം തപനീയ വെണ്ടം എന്ന് പറയുന്നതിന് സദർ എന്നുള്ള സാദൃശ്യം ഇവിടെയുമാണ് അസം സർഗാഗ്രഹം അസംബന്ധാഗ്രഹം അതിവിടെയും വരും ഇവിടെ എന്താണ് നേരത്തെ ഇയാൾ നല്ല ശർക്കര കഴിച്ചിട്ടുണ്ട് ആ നല്ല ശർക്കരയും മധുരം ഉണ്ടായിരുന്നു അപ്പോ ശർക്കരയും മധുരവും തമ്മിൽ ശർക്കര എന്ന് പറയുന്നത് തെളിവും മധുരം ഗുണമാണ് തമ്മിൽ എന്ത് സംബന്ധത്തിരിക്കും ഏർക്കാര് പറയുന്ന അനുസരിച്ച് അവിടെ സമുദായ സംബന്ധത്തി എന്നുവച്ചാ ശർക്കരയും മധുരവും തമ്മിൽ സംബന്ധമുണ്ട് അവിടെ സംസർഗമാണുള്ള അസം അസംസർഗമല്ല അപ്പൊ സംബന്ധമുള്ളതുകൊണ്ട് ഈ കഴിക്കുന്ന ആള് എന്താണ് അസംസർഗത്തെ ആൾ ഗ്രഹിക്കുമോ അസംസർഗം ഉണ്ടല്ലോ അപ്പൊ അവിടെ അസംസർഗാഗ്രഹം വരുന്നു മുമ്പ് കഴിച്ചപ്പോ വിത്തമില്ലായിരുന്നപ്പോ പിത്തമില്ലായിരുന്നപ്പോ ശർക്കര കഴിച്ചപ്പോ മധുരവും ശർക്കരയും തമ്മിൽ അവിടെ സംസർഗമുണ്ട് മധുരമാണ് അയാൾക്ക് അനുഭവപ്പെട്ടു അവിടെ അസംസർഗം ഉണ്ടാവും അസംസർഗത്ത് ഗ്രഹിക്കുന്നുണ്ടോ അസംസർഗാഗ്രഹം അവിടെ ഉണ്ട് എപ്പോ പനിത്തമില്ലായിരുന്ന സമയത്ത് ശർക്കരയിലും മധുരവും ഉണ്ടായിരുന്നുണ്ട് അവിടെ അസംസർഗാഗ്രഹമാണ് അയാളെ സംബന്ധിച്ചത് ഇനി ഇപ്പോ ഇപ്പോ അയാൾ അനുഭവിക്കുന്നത് എന്താണ് കൈപ്പാണ് ഈ കയ്പും ശർക്കരയായിട്ട് സംസർഗമുണ്ടോ ശർക്കരയായിട്ടില്ല അതിന് പിത്തുമായിട്ടാണ് സംസർഗ്ഗം കയ്പ ശർക്കരയുമായിട്ട് അതിന് സംസർഗമാണോ അസംസർഗമാണോ അത് ഇയാൾ അറിയുന്നുണ്ടോ ഇയാളറിയുന്നില്ല അത് അയാളുടെ ഉള്ളിലിരിക്കുന്ന പിത്തത്തിലിരിക്കുന്ന കയ്പ്പും അവിടെ വായിക്കിടക്കുന്ന ശർക്കരയും തമ്മിലുള്ള സംബന്ധമില്ല എന്നുള്ള കാര്യങ്ങളറിയുന്നില്ല സംബന്ധമില്ല അസംസർഗമാണോ അത് ഗ്രഹിക്കുന്നില്ല അപ്പൊ പിത്തം ഇല്ലായിരുന്ന സമയത്ത് ശർക്കര കഴിച്ചപ്പോ മധുരം അവിടെ അസംസർഗ അഗ്രഹമാണ് പിത്തം ഉള്ള സമയത്ത് ശർക്കര കഴിഞ്ഞപ്പോ മധുരം അവിടെയും എന്താണ് അസംസർഗ അഗ്രഹമാണ് സ്മൃതിരൂപ എന്ന് പറഞ്ഞത് അയാൾ എന്ന് പറയുന്നുള്ളതാണ് ഇവിടെയും മനസ്സിലാക്കണം ഒരാള് ശർക്കര കഴിക്കുമ്പോ അയാൾക്ക് സ്വയം അവൻ പിത്തരോഗിയാണെന്നറിയാം ശർക്കര കഴിച്ചാൽ കയ്പ അനുഭവപ്പെടും എന്നറിയാമെങ്കിൽ അയാൾക്ക് ഭ്രമില്ല ഇതറിയാത്ത ഒരാളാണെങ്കിൽ ശർക്കര കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കയ്പ അനുഭവപ്പെടും അയാൾ അപ്പോഴാണ് അയാൾ പറയുന്നത് തിക്തോട അവിടെയാണ് ഭ്രമം അയാളുടെ അനുഭവം അതാണ് ശർക്കര കയ്പുള്ളതാണ് ഇവിടെ അസംസർഗാഗ്രഹ് ഇവിടെ ഇത്രയുള്ള വ്യത്യാസം ചക്ഷുരേന്ദ്രിയം പ്രാപ്തിയകാരിയാണ് അതവിടെ പോയി വിഷയത്തെ ഗ്രഹിക്കുന്നു രസേന്ദ്രിയങ്ങനെയല്ല നാക്കിൽ വന്നു ശർക്കര പറ്റുമ്പോൾ സമയവും കൊണ്ട് എന്ത് ചെയ്യുന്നു ശർക്കരയുടെ മധുരത്തഗ്രഹിക്കുന്നു മഞ്ഞപ്പിത്തമാണെങ്കിൽ എന്ത് ചെയ്യുന്നു അവിടെ ആ നാക്കിൽ തന്നെയുള്ള മഞ്ഞപ്പിത്തത്തിന്റെ കയ്പിനെ ആഗ്രഹിക്കുന്നു പക്ഷെ അത് മഞ്ഞപ്പിത്തിനത്തിന്റെ ആണെന്നാണ് അറിയുന്നില്ല മറക്കെന്തിന്റെയാണെന്ന് അറിയുന്നു ശർക്കരയായിട്ടാണെന്ന് അറിയുന്നു ആരോപിക്കുന്നു അവിടെ വരും സമാനാധികാരണ്യം എന്ന് പറയുന്നത് കാരണം മധുരം എന്നൊരു ഗുണമാണ് അത് ശർക്കരയിരിക്കുന്നു രണ്ടുമുള്ള സംബന്ധം എന്ന് പറയുന്നത് എന്താണോ സമാനാധികാരമാണ് അതിനാണ് എന്ന് പറയുന്നത് മധുരവും ശർക്കരയും നമ്മൾ സംബന്ധം എന്നാണ് സമാനാദരണ സാധാ ഇനി പിത്തം വന്നുകഴിഞ്ഞപ്പോഴോ അയാള് അനുഭവിക്കുന്നു മധുരത്തെ പിത്തത്തെ ആ പിത്തം അയാൾ എന്ത് ധരിക്കുന്നു ശർക്കര ഇരിക്കുന്നു ധരിക്കുന്നുണ്ട് അയാൾ ആരോപിക്കുന്നുണ്ട് അവിടെ ആരോപിത സമാനാദരണമാണ് അതായത് ഇയാള് അനു ഇയാൾ അനുഭവിക്കുന്ന കയ്പും ശർക്കരയും തമ്മിൽ ആരോപിത സമാനാധികമാണ് അതില്ലാത്തതുകൊണ്ട് അയാൾ ആരോപിക്കാണ് ഈ ശർക്കര കയ്പാണ് അസുഖത്തിൽ ആ കയ്പവിടെ ഇരിക്കുന്നു യുദ്ധത്തിൽ പക്ഷെ അയാൾ ആരോപിക്കുന്നു അപ്പോൾ അവിടെ ആരോപിത സമാനാധികം പോലും എന്നുവെച്ചാൽ ആരോപിത താതാത്മ്യം കയ്പ് ശർക്കരയിൽ ഇരിക്കുന്നു എന്ന് ധരിച്ചാൽ അത് ആരോപിത മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് തിക്തോ ഗുഡ എന്നുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നു അപ്പൊ അതിനു മുമ്പ് കുറച്ചുണ്ടായിരുന്നല്ലോ അതിനു കുറച്ചുണ്ട് സംഘ തിക്തോ ഗുട പനജ്ഞാന സ്മൃതിവിഭ്രമരുപൂപിത്രാദോ നിദ്രഗപ്ലവസാനപരാമർശ് തൂർദ്ട്ടവ സിതകാല സമാരോപ നേരത്തെ വായിച്ചാണ് ഏതേനു തിക്തോ ഗുഡ ഇത്യാദി പ്രത്യോ വ്യാഖ്യാത ഇനി പ്രതിബിംബസ്ഥലത്ത് എങ്ങനെയാണെന്നാണ് പറയുന്നത് വിജ്ഞാതൃ പുരുഷ അഭിമുഖേഷോ സ്വച്ഛേഷോ ചാക്ഷുഷം തേജോ ലഗ്നമപി വലിയ तेजस प्रतिस्रोत प्रवर्ति मुखसयुक्त मुखयत दोषवशा पुरादिमुख आदर्श उतकद दी दी भी भी भी एदेन दिचंद्र പ്രതിബിംബവിഭ്രമോ എന ച്ചതിഗ്മോഹാചക്ധർവനഗര വംശോരാതിവിഭ്രമേഷവൻ ലക്ഷണം യോജനീയം ഈ പറയുന്ന ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് ഇവിടെ സ്വപ്നം കാണുന്നിടത്ത് ദ്വിചന്ദ്രൻ തീവ്രമുള്ള ഒരാകാശത്ത് നോക്കിയാൽ രണ്ട് ചന്ദ്രനെ കാണും അതും ഭ്രമമാണ് ദിഗ്മോഹം സാർ നമ്മള് ദിക്കിൻ ഭ്രമം എന്ന് പറയുന്നത് അത് അലാത്ത ചക്രം ഒരു പന്തം അടുത്ത് ചുഴറ്റിക്കഴിഞ്ഞാൽ അതൊരു വളയം പോലെ തോന്നും ഒരു സർക്കിഡ് പോലെ തോന്നും ഗന്ധർവനഗരം ഗന്ധർവനഗരം എന്ന് പറയുന്നത് സാറിന സമുദ്രത്തില് ഉയർന്നമലയുടെ മേളില് ധ്രുവ പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണും പറയുന്ന ഫാറ്റ മോർഗാന എന്ന് പറയും ഒരു പ്രതിഭാസം എന്നുവെച്ചാൽ ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ എന്നു വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ ലൈറ്റ് പതിഞ്ഞു കഴിഞ്ഞാൽ അത് വളയും സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് ഇപ്പോൾ ബെന്റിന്റെ റിഫ്രാക്ഷൻ എന്നു വളത്തിന്റെ അടിയിലൊരു മീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അത് സ്ഥലം കാണാൻ പറ്റും ഇപ്പോൾ ഈ റിഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ പല ലെയറിലുണ്ട് വായു ടെമ്പറേച്ചറും വേറെ വേറെ ആയിരിക്കും അതിൽ സൂര്യപ്രകാശം അടിച്ചിട്ടും ദൂരസ്ഥലങ്ങളിലുള്ള വസ്തുക്കളുടെ സൂര്യപ്രകാശ തട്ടിയുള്ള റിഫ്രാക്ഷൻ കൊണ്ടും ആകാശത്ത് ദൂരെയുള്ള കെട്ടിടങ്ങളൊക്കെ ആകാശത്തേക്കുന്നതായിട്ട് മലയുടെ മോളിൽ നിൽക്കുന്നതായിട്ട് കടലിലാണെങ്കിൽ കപ്പൽ കിടക്കുന്നതായിട്ട് കപ്പലില്ലാത്ത സ്ഥലത്ത് വളരെ ദൂരെ എവിടെയെങ്കിലുള്ള കപ്പലിന്റെ ഇത് ഇവിടെ കാണും പഴയകാലത്ത് നാവികന്മാരെല്ലാം ആശയക്കുഴപ്പത്തിലായിട്ടുള്ളതാണ് ഒരു ചെറിയ വള്ളം ചിലപ്പോൾ കപ്പലായിട്ട് തോന്നുന്നു ഇപ്പോൾ പഴയകാലത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആകാശത്ത് ദേവതകളെ കണ്ടു ദേവന്മാർ കണ്ടു അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നതെല്ലാം ഈ പറയുന്ന സംഗതിയാണ് ഗന്ധർവ നഗരം എന്ന് പറഞ്ഞ് വെളിച്ചത്തിന്റെ വിഭ്രാന്തി കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ലോകം മുഴുവൻ കാണുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്താണ് ഇത് മലാഘമാര് താമസിക്കുന്ന കട്ടടങ്ങളാണ് ഗന്ധർവനഗരംന്ന് പേര് പെട്ടി എന്താണ് അന്നാൾക്കാര് വിശ്വസിച്ചാല് ഗന്ധർവന്മാരെ ഇവിടെ അവർ താമസിക്കുന്ന സ്ഥലമാണ് കാണുന്നത് കൊണ്ട് കണ്ടതാണ് മൊത്തത്തിൽ എന്ന് പറയുന്ന പേരാണ് പാറ്റ മൊർഗാന സിറ്റീസ് ഒരു പെട്രോണ്ട് കാണും വലിയൊരു നഗരം തന്നെ കാണും ആകാശത്തിൽ അത് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് മനുഷ്യ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ഗന്ധർവ നഗരാണ് നിഴലാണോ എന്നുള്ളവർ പറയും ഇങ്ങനെയാണ് ഗന്ധർവന്മാരൊക്കെ ഉണ്ടായത് നിങ്ങള് പൂജിച്ച് ആവേശിച്ചു ആ അത് ഭ്രമത്തിന് ഉദാഹരണം കൊടുക്കുന്ന ഭ്രമമാണെന്ന് പറയുന്ന ഉദാഹരണം കൊടുക്കുന്നത് ഗന്ധർവെന്നു വെച്ചാൽ ഭ്രമമാണ് പറയുന്നത് അതൊരു ഭ്രാന്തിയാണ് അല്ലാ ഗന്ധർവുണ്ടാക്കിയത് എഴുതി പറഞ്ഞിരിക്കുന്നത് ഭ്രാന്തി എന്നാണ് എല്ലാ ഗന്ധർവ നഗരം എന്ന് പറയുന്ന ഒരു നഗരം ഉണ്ടെന്നുണ്ടോ പറയുന്നത് അതാ ഗുരു അതെല്ലേ ആൾക്കാരാണ് അവിടെ ഗന്ധർവ നഗരം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നു ഒരു ദൈവം ഗന്ധർവ നഗരം ഉണ്ടെന്ന് പറഞ്ഞ് ഗന്ധർവന്മാരെ കണ്ടിട്ടുണ്ടെന്നും അവരോട് സംസാരിക്കുന്നു ഒക്കെ ഇനി കഥകളുണ്ടാവും ഒരു പറഞ്ഞിരിക്കുന്നത് ഗന്ധർവ നഗരം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏഹ് അത് നിങ്ങൾ എത്ര സ്വാമിമാർക്കറിയാം അതൊരു ലിസ്റ്റും കൊണ്ടു അവിടെ